അവർ പറയും നീ എത്ര പരിശുദ്ധൻ നിനക്കു പുറമേ മറ്റു രക്ഷാകർത്താക്കളെ സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്കനുയോജ്യമായിരുന്നില്ല എന്നാൽ നീ അവർക്കും അവരുടെ പിതാക്കൾക്കും സുഖസൌകര്യങ്ങൾ നൽകി അങ്ങനെയവർ സ്മരണയെ മറന്നുപോയി അവർ നാശ ഒരു ജനതയായി മാറി